സഭയിൽ കേൾപ്പിച്ച ദൈവവചനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഓരോ ആഴ്ചയും ദൈവം തൻ്റെ വചനത്താൽ നമ്മെ ഉറപ്പിക്കുന്ന നമ്മളെ ശക്തീകരിക്കുന്ന ആശ്വസിപ്പിക്കുന്ന ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വലിയ കരുതലിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദി സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഇന്ന കൾവിയിൽ എൻ്റെ ഹൃദയത്തെ ഉത്സാഹിപ്പിച്ച രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറയാം യാക്കോബ് തൻ്റെ കൊച്ചുമക്കളെ എഫ്രൈമിനെയും മനസ്സെയും അനുഗ്രഹിക്കുമ്പോൾ തൻ്റെ ജീവിത താൻ ഒരു ഇടയേനെന്ന തൻ്റെ ആടുകളോടുള്ള കരുതലിൻ്റെ പശ്ചാത്തലത്തിലാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ കരുതലിനെയും താൻ അറിഞ്ഞത് എന്ന് നാം കേട്ടു ഇന്ന് സഹോദരങ്ങളോട് കേട്ടതുപോലെ ഉൽപ്പത്തി പസ്തു മുപ്പത്തിമൂന്നാം അധ്യായം തൻസാവിനെ കണ്ടുമുട്ടുമ്പോൾ താൻ പറയുന്നത് തൻ്റെ കൂടെയുള്ള ആടുകളെ കരുതൽ ഒരു കുറവുകളുള്ള ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായി ദൈവം ആ നിലയിൽ ആശ്രയിക്കാനായിട്ട് ദൈവം ഇടപെട്ട ഒരു മനുഷ്യൻ നോക്കുക അവിടെ പറയുന്നു തൻ്റെ കൂടെയുള്ള ആടുകളെയും കന്നുകാലികളെയും പറ്റിയുള്ള കരുതൽ നമുക്കവിടെ വായിക്കാൻ കഴിഞ്ഞു പതിമൂന്നാം വാക്യത്തിൽ സഹോദരൻ വായിച്ചപ്പോൾ കറവുള്ള ആടുകളും കന്നുകാലികളും കൂടെയുണ്ട് അവയെ ഒരു ദിവസം അധികമായി ഓടിച്ചാൽ കൂട്ടമെല്ലാം ചത്തുപോകും തൻ്റെ ആടുകളുടെ പരിധി അറിയാവുന്ന ഒരിടയാൻ എന്നിട്ട് പതിനാലാം വാക്യത്തിൽ അതൊന്നും കൂടെ വിശദീകരിക്കുകയാണ് യശാമനോട് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് യജമാൻ നടിയന് മുന്നായി പോയാലും എൻ്റെ കൂടെയുള്ള കന്നികാലുകളുടെയും കുഞ്ഞുങ്ങളുടെയും പ്രാപ്തിക്കൊത്തവണ്ണം ഞാൻ സാവധാനത്തിൽ അവയെ നടത്തിക്കൊണ്ട് സെയിലിൽ വന്നോളാം ഒക്കെ അവരുടെ പ്രാപ്തി ഓരോ തൻ്റെ കൂടെയുള്ള ആ വലിയ ബൃഹത്തായ കൂട്ടത്തിൻ്റെ ഓരോ കന്നുകാലിയുടെയും കുഞ്ഞുങ്ങളുടെയും പ്രാപ്തി അറിയുന്ന ഒരു ഇടയൻ ഞങ്ങൾക്ക് ഇത്രമാത്രം വലിയ വലിയൊരു കാര്യമാണത് വലിയൊരു കൂട്ടത്തെ തൻ്റെ കുടുംബവുമായിട്ട് പോകുമ്പോൾ അതിലെ ഓരോ മൃഗത്തെയും തിരിച്ചറിയുക പക്ഷെ അവിടെ നോക്കുക മാനുഷികമായ തൻ്റെ ആ എന്നുള്ള പ്രവൃത്തി അതിനു മുമ്പായിട്ട് ഈ യേശാവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ ഈ യേശാവിനെ പ്രസാദിപ്പിക്കാനായിട്ട് തന്നെ തൻ്റെ കൂട്ടത്തിൽ നിന്നും തൻ്റെ തൻ്റെ പക്കലുള്ള ഈ ഒരു മൃഗസമ്പത്തിൽ നിന്നും നമ്മൾ മുൽ മുപ്പത്തിരണ്ടിൻ്റെ പതിനാലിലൊക്കെ വായിക്കുന്നത് പോലെ ഇരുന്നൂറ് കോലാടിനെയും ഇരുപത് കോലാട്ടുകൊറ്റനെയും ഇരുന്നൂറ് ചെമ്മരിയാടിനെയും ഇരുപത് ചെമ്മരിയാട്ടുകൊറ്റനെയും അതുപോലെ കറവെള്ളം മുപ്പത് ഒട്ടകത്തെയും അവിടെ കുട്ടി അവരുടെ കുട്ടികളെയും നാൽപ്പത് പശുവിനെയും പത്ത് കാളെയും ഇരുപത് പെൺകഴുതെയും പത്ത് കാ കഴുത കുട്ടികളെയും വേദനിച്ചിട്ട് എന്നിട്ട് പറയുന്നത് എന്താണ് തൻ്റെ ദാസന്മാരുടെ പക്കൽ ഓരോ കൂട്ടത്തെ പ്രത്യേകം പ്രത്യേകമായി ഏൽപ്പിച്ചു തൻ്റെ ദാസന്മാരോട് അത് പറയുന്നതിങ്ങനെയാണ് യാക്കോബ് പറയുന്നിങ്ങനെയാണ് നിങ്ങൾ എനിക്ക് മുമ്പായി കടന്നുപോയി അതത് കൂട്ടത്തിന് മധ്യേ ഇടയിടിവൻ മധ്യയെ നോക്കുക ആട് അപ്പോൾ ആരാണ് മുമ്പിൽ ഈ ഇടയൻ്റെ ഈ ശ്രദ്ധയുള്ള ഇടയൻ്റെ നോക്കുക ഒരു ലോകത്തിലെ ഇടയന് ചെയ്യാൻ പറ്റുന്നത് തൻ്റെ മുമ്പിൽ പോകുന്ന ആടുകളെ നിരീക്ഷിക്കാൻ ആടുകളുടെ പിറകിലാണ് ഇടയൻ ആടുകളുടെ പിറകിൽ നിന്ന് ഓരോ ആടിൻ്റെയും പ്രാപ്തി നോക്കാനേ മാനുഷികമായൊരിടയന് കഴിയും മധ്യേ ഇടയിടുന്നത് അത് വീണ്ടും അവിടെ നമ്മളത് കാണുന്നു പതിനേഴാം വാക്യത്തിൽ ലേസാവ് ഈ ഈ ഒരു ദാസന്മാരെ കണ്ടുമുട്ടുമ്പോൾ അവിടെ ചോദിക്കുന്നത് പതിനേഴാം വാക്യത്തിൻ്റെ മധ്യത്തിൽ നിൻ്റെ മുമ്പിൽ പോകുന്ന ഇവ ആരുടെ വക നമുക്ക് അല്ല ആദ്യം കണ്ടത് ആദ്യം കണ്ടത് ഈ പോകുന്ന ഈ ആട്ടിൻ കൂട്ടർ അല്ലെങ്കിൽ മൃഗസമ്പത്തിനെ മൃഗങ്ങളുടെ കൂട്ടത്തെ കണ്ടു കാരണം ഇടയിട്ട് അകലമിട്ട് നിൽക്കുന്ന ദാസന്മാർ പ്രിയപ്പെട്ടവരേ നമ്മൾ ഞാനിത് കേട്ടപ്പോൾ ഞാൻ യോഹന്നാൻ്റെ സുശേഷത്തിൽ നിന്ന് സഹോദരൻ പറഞ്ഞ ആ വാക്യങ്ങൾ കർത്താവിൻ്റെ പ്രവൃത്തിയുമായിട്ടുള്ള അന്തരം എത്രമാത്രം വലുതാണ് കത്താവെന്താ പറയുന്നത് യോഹന്നാന സുശേഷം പത്താം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നു തനിക്കുള്ളവയെല്ലാം പത്തിൻ്റെ നാലിൽ തനിക്കുള്ളവയെല്ലാം പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു ആടുകൾ അവൻ്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു നോക്കുക നേരെ മറിച്ചാണ് കാര്യങ്ങൾ ഒരു ലോകത്തിൽ ഒരിടയനെ ചെയ്യാവുന്ന പരമാവധി മുമ്പിൽ നടക്കുന്ന തന്മേയിക്കുന്ന ആടുകളെ അവരുടെ ഓരോരുത്തരുടെയും പ്രാപ്തി ഒരു അറിയാൻ കഴിഞ്ഞേക്കാം പക്ഷെ നമുക്ക് ഇവിടെ ഓ ശബ്ദം കേട്ട് അനുഗമിക്കാനായിട്ട് ഇടയനെ അറിയുന്ന ഒരു കൂട്ടത്തെ നയിക്കാൻ ഓ ആ നിലയിൽ കർത്താവയ്ക്ക് മുമ്പായി പോകുന്നു എത്ര വ്യത്യാസമാണ് അവിടെ ഇന്ന നാം കേട്ടതുപോലെ ഞാൻ നല്ല ഇടയൻ ആകുന്നു നല്ലയിടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ചു ജീവനെ കൊടുക്കുന്നു അപ്പോൾ ശത്രു വരുമ്പോൾ ആദ്യം ആരെയാണ് കാണുക ഓ തൻ്റെ മുമ്പിൽ ജയാളിയായി നമ്മുടെ മുൻപേ പോയ കർത്താവിനെയാണ് ശത്രു കാണുക പ്രിയപ്പെട്ട ഇതാണ് നമുക്ക് ധൈര്യം തരേണ്ടത് നമ്മുടെ ഇടയൻ ഓ വാടുകളുടെ ആ വലിയ ഇടയൻ നമ്മുടെ മുമ്പിലാണ് നമ്മളെ തനിച്ച് വിടുകയില്ല സുരക്ഷിതത്തിനായിട്ട് ഇഴയിട്ട് നടത്തുകയല്ല മറിച്ച് മുമ്പിൽ നിന്ന് ഓ തൻ്റെ ശബ്ദം തിരിച്ചറിയത്ത വിധം വണ്ണം ഹൃദ്യമായിട്ട് നമ്മളോടൊരു വ്യക്തിപരമായി ഇടപെടുന്ന ഒരിടയനാണത് ഇതിനെ ഒത്തിരി ധൈര്യപ്പെടുത്തി പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തെ നാം ഈ നിലയിൽ ഓരോരോരുത്തരോടും വ്യക്തിപരമായി സംസാരിക്കുന്നതിടയാൻ അതുപോലെ തന്നെ ഇന്ന് യേശയ്യയുടെ പുസ്കരൻ സഹോദരൻ സംസാരിച്ചപ്പോഴും നാൽപ്പതാം അധ്യായത്തിൽ നാല നാൽപ്പതിൻ്റെ നാലിലിങ്ങനെ നമ്മൾ വായിച്ചു എല്ലാ താഴ്വരെയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം നമുക്കവിടെ നമ്മെ ഓരോരുത്തരെ പറ്റിയാണ് പറയും നമ്മളിലുള്ള ഭാവങ്ങൾ അതാണ് ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ നമ്മളുള്ള എല്ലാ മലയും നമ്മളിലുള്ള എല്ലാ ഭാവങ്ങളും എല്ലാ എല്ലാ നികളങ്ങളും ഉയർച്ചകളുമൊക്കെ ഈ കഥാവിനോടുള്ള ബന്ധത്തിൽ ഇരട്ടിയായി പ്രാപിക്കുന്ന ആ ഒരു അനുഭവം അവിടെ നുറുക്കപ്പെടുകയും നാം കഥാവിൽ നിരന്തരം ഇന്ന് കേട്ടതുപോലെ വെളിച്ചത്തിൽ നമ്മെ തന്നെ കണ്ട് നമ്മെ താഴ്ത്തി അതിരപ്പ് പ്രാപിക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ചാണ് അതെന്നെയും വെല്ലുവിളിച്ചത് അവിടെ രണ്ടാമത് പറയുന്നു എല്ലാ താഴ്ചയും നമ്മൾ ഇന്ന് കേട്ടതുപോലെ എല്ലാ നമ്മുടെ ലജ്ജയും നമ്മുടെ ഒരു വിഷാപകശതാബോധമായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മളിലേക്ക് തന്നെ കുനിഞ്ഞു നോക്കുന്ന ആ നിലയിലുള്ള ഒരു ഒരു സ്വയം ഉള്ളിലേക്ക് വലിയ അനുഭവങ്ങൾ നമ്മളെ നിരാശപ്പെടുത്തുന്ന അനേക കാര്യങ്ങൾ അവിടെയൊക്കെ ആ ഉന്നതിയിലേക്ക് ആ ഉന്നതമായ പാറയിലേക്ക് എന്നെ നോക്കാൻ സഹായിക്കുന്ന വിധം അവിടെയും ദൈവം എനിക്ക് നിലയിൽ കർത്താവിൻ്റെ കല നിന്നും ഞാൻ പ്രാപിക്കും എന്നുള്ളൊരു ബോധ്യം നമ്മൾ നമുക്കുണ്ടാവണം ഈ നാടുകളിൽ അതുപോലെ മൂന്നാമത് പറഞ്ഞതോ വളഞ്ഞത് ചൊവ്വായും ഇപ്പം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ നമ്മളുടെ സ്വഭാവ പ്രത്യേകതയാണ് വളഞ്ഞിരിക്കുക ഒരു ഈ ഒരു കൗശലം നമ്മൾ ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് പ്രായോഗിക ജീവിതത്തിൽ നമ്മളെടുക്കുന്ന ഒരു കൗശലം അല്ലെങ്കിൽ ഒരു കാര്യങ്ങളെ വീക്ഷിക്കുമ്പോൾ നമ്മളുടേതായൊരു ഒരു മുൻവിധിയോടെ ഒരു വക്രബുദ്ധിയോടെ കാര്യങ്ങളെ കാണുക ഞാനും അവിടെയും ആ വളവിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ വളവിൻ്റെ അംശം എത്ര മാത്രം എൻ്റെ ജീവിതത്തിലുണ്ട് പ്രത്യേകിച്ച് പ്രായോഗിക ജീവിതത്തിൽ ബിസിനസ് രംഗങ്ങളിലൊക്കെ നമ്മൾ ഞാൻ ഈ വ്യക്തിപരമായിട്ട് ഈ നിലയിൽ ഒരു കൗശലക്കാരനാണോ എന്ന് ഞാൻ എന്നെ തന്നെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നവനായിട്ടല്ലാതെ സ്വന്തം കൗശലത്തിൽ യാക്കോബിനെ പോലെ അവസാനം സ്വന്തം കൗശലത്താൽ പിടിക്കപ്പെട്ടവനായി തീരാതെ ദൈവം ബാകയെ താഴ്ന്നിരിക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നു അവസാനമായി പറയുന്നത് ആ നാല് കാര്യങ്ങളിൽ അവസാനമായി പറയുന്നത് ദുർഘടങ്ങൾ സമമായും തീരണം പ്രിയപ്പെട്ടവരെ ഇത് കാണിക്കുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ വളർന്നു പശ്ചാത്തലം നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ ഓരോ ഓരോ ജീവിതാനുഭവങ്ങളും നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം നമ്മൾ വളർന്നു വന്ന കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ തിരഞ്ഞെടുത്ത വിവിധ നിലകളിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തിൽ ബാല്യം മുതൽ ഏൽപ്പിച്ച ചില കാര്യങ്ങൾ ദുർഘടങ്ങൾ ആഴത്തിൽ പതിഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെയും അത് നമുക്കറിയാം ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് നമ്മളെല്ലാം ഓരോ കാര്യങ്ങളിൽ നമ്മൾ വ്യത്യസ്തമായിട്ട് നമ്മൾ ചിലർ പെട്ടെന്ന് അതുകൊണ്ട് തന്നെ മുറിപ്പെടുന്നവരായിരിക്കാം അതൊരു വ്യക്തിത്വത്തിൻ്റെ നമ്മൾ നമ്മൾ പൊടിയെന്ന് കത്താവ് അറിയുന്നെന്ന് പറയുന്നു മറ്റൊരിടത്ത് നൂറ്റി മുപ്പത്തി ഒമ്പതാം ഞാൻ തോന്നുന്നു അവിടെ അവിടെ ഭൂമിയുടെ അധോ ഭാഗങ്ങൾ അവിടെ നിർമ്മിക്കുമ്പോൾ എൻ്റെ എൻ്റെ അസ്ഥി അസ്ഥി കൂടം അവനറിയുന്നു എൻ്റെ എൻ്റെ എൻ്റെ ഫാബ്രിക് അവിടെ വന്നു പോയ കാര്യങ്ങൾ അതും കത്താവ് അറിയുന്നു ഇവിടെ നമുക്ക് അവിടെ പോലും അതിന് പോലും നമ്മുടെ ജീവിതത്തിൽ ആഴത്തിൽ പതി പതിഞ്ഞുപോയ ചില വ്യക്തിത്വങ്ങളിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ നോക്കുക ഇവിടെ ഇവിടെ നമ്മൾ പറയുന്നു ആ പാപങ്ങൾക്ക് പകരമായിട്ട് ഇന്ന് കേട്ടതുപോലെ യഹോബയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചു എന്ന നിലയിൽ നമുക്കതിനെ കാണാൻ പറ്റും കാരണം ഈ നാലാം വാക്യത്തിന് ശേഷം അഞ്ചാം വാക്യം എന്താണ് പറയുന്നത് യഹോവയുടെ മഹത്വം വെളിപ്പെടും നോക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും താല്പര്യയിലാകട്ടെ താജമലകളാകട്ടെ മലകളാകട്ടെ വളഞ്ഞതാവട്ടെ ദുർഘടങ്ങളാകട്ടെ കഥാവിൻ്റെ സന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ച് ഇന്ന് കേട്ടതുപോലെ നിരന്തരമായ അവൻ്റെ വെളിച്ചത്തിൽ കതാവിൻ്റെ വെളിച്ചത്തിൽ നടക്കുവാൻ നാം നമ്മുടെ ജീവിതത്തെ നമ്മൾ കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും സകല ജടവും ഒരുപോലെ അതിനെ കാണും എന്നുള്ള വാക്തത്വം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറവേറും നിറവേറട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവനാഥത്തിൻ്റെ മഹത്വം